അധ്യായം പതിനേഴ് അവന്റെ മകനായ യഹോഷാഫാദ് അവനു പകരം രാജാവായി അവൻ ഇസ്രയേലിനെതിരെ പ്രബലനായിത്തീർന്നു അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി യഹൂദ തന്റെ അപ്പനായ ആസാ പിടിച്ച യഫ്രൈം പട്ടണങ്ങളിലും കാവൽ പട്ടണങ്ങളെയും ആക്കി യഹോ ഷഫ് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രയേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു യഹോവ അവന് രാജത്വം ഉറപ്പിച്ചു കൊടുത്തു എല്ലാ യഹൂദയും ഹോ ഷഫത്തിന് കാഴ്ചകൊണ്ടുവന്നു അവന് ധനവും മാനവും വളരെ ഉണ്ടായി അവന്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേരാ പ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ തന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാനായിട്ട് ബൻഹയിൽ ഒപദ്യാവ് സഖരിയാവ് നഥനയേൽ മീക്ക എന്നീ തന്റെ പ്രഭുക്കന്മാരെയും അവരോടുകൂടെ ഷമയ്യാവ് നഥന്യാവ് സബദ്യാവ് അസായേൽ ഷമീരാമോ യഹോനാഥാൻ അദോനിയാവ് തോബിയാവ് തോപ് അദോനിയാവ് എന്നീ ലേവ്യരേയും അവരോടുകൂടെ എലീഷാമ യഹോരാം എന്നീ പുതന്മാരെയും അയച്ചു അവർ യഹൂദയിൽ ഉപദേശിച്ചു യഹോവയുടെ ന്യായപ്രമാണ പുസ്തകവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു യഹോവയെങ്കിൽ നിന്ന് ഒരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽമേലും വീണിരുന്നതുകൊണ്ട് അവർ യഹോ യുദ്ധം ചെയ്തില്ല ഫിലിസ്തീനിലും യഹോസ് അഫാത്തിന് കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു അരാബ്യരും അവന് ഏഴായിരത്തി എഴുന്നൂറ് ആട്ടുകൊറ്റനും ഏഴായിരത്തി ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു യഹോസ് ഫാത്ത് മേൽക്കൊ മേൽ യഹൂദയിൽ കോട്ടകളെയും സംഭാര നഗരങ്ങളെയും പണിതൂ യഹൂദ നഗരങ്ങളിൽ വളരെ പ്രവൃത്തി ഉണ്ടായിരുന്നു പരാക്രമശാലികളായ യോദ്ധാക്കൾ യെരുസലേമിൽ ഉണ്ടായിരുന്നു പിദർഭവനം പിദർഭവനമായുള്ള അവരുടെ എണ്ണമാവിത് യഹൂദയുടെ സഹസ്രാധിപന്മാർ അജ്ന പ്രഭു അവനോടുകൂടെ മൂന്ന് ലക്ഷം പരാക്രമശാലികൾ അവന്റെ ശേഷം യഹോഹാനാൻ പ്രഭു അവനോട് കൂടെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർ അവന്റെ ശേഷം തന്നെത്താൻ മനഃപൂർവമായി യഹോവയ്ക്ക് ഫരമേൽപ്പിച്ചവനായ സിക്രയുടെ മകൻ അമസ്യാവ് അവനോടുകൂടെ രണ്ടു ലക്ഷം പരാക്രമശാലികൾ ബെന്യാമീനിൽ നിന്ന് പരാക്രമശാലിയായ എല്ലിയ ദ കൂടെ വില്ലും പരിചയം ധരിച്ച രണ്ടു ലക്ഷം പേർ അവന്റെ ശേഷം യഹോസാബാദ് അവനോടുകൂടെ യുദ്ധസന്നദ്ധരായ ലക്ഷത്തി പേർ രാജാവ് യഹൂദയിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിൽ ആക്കിയിരുന്നവരെ കൂടാതെ രാജാവിന് സേവ ചെയ്തു വന്നവർ ഇവർ തന്നെയാണ്